പഴയ അമ്മമാർ ഉടനെ തന്നെ മർമ്മക്ഷതമുണ്ടോ എന്നറിയുന്നതിന് മർമ്മത്തെ അറിയുന്ന വൈദ്യന്മാരുടെ ഇടയ്ക്കിലേക്ക് കൊണ്ടുപോകും മിക്കവാറും അമ്മമാർക്ക് മർമ്മത്തെ കുറിച്ചുള്ള വിവരമുള്ളത് കൊണ്ട് മുക്കണ്ണൻ പെരുകൊരു ചെടിയുണ്ട് തരണ്ടതില്ല വേറൊരു ചെടിയാണ് മൂന്നലേഴ് പലതും ഉള്ളതാണ് മുക്കണ്ണൻ പെരുക എന്നു മുക്കണ്ണൻ പെരിക പുകയറ മുട്ടയുടെ വെള്ള ശന്നിനകം മർമ്മ ഗുളികകൾ പലതരം മർമ്മ ഒരുപാട് ഇതുണ്ട് മുറിവെണ്ണ അത് മുറിവെണ്ണ തന്നെ മുക്കണ്ണൻ പെരുകും പുകയറയും ചേർത്ത് കാച്ചെടുത്തു സാധാരണ മുടിവെണ്ണയിൽ നിന്ന് ചേർക്കാറില്ല ഇങ്ങനെയുള്ള ഔഷധങ്ങളൊക്കെ ഉണ്ടാവും പഴയ അമ്മമാർക്കറിയും അവരച്ചിടും കുഞ്ഞിനെ മുട്ടയിൽ മീറ കൊടുത്തു വെജിറ്റേറിയൻ അല്ലെങ്കിൽ മനസ്സിലായില്ല ഏ കേട്ടിട്ടില്ല നീറ മുറു അങ്ങാടി കടയിൽ മുട്ട അല്പം പൊട്ടിച്ചിട്ട് മുറു മേടിച്ചു തരാൻ താമസം ഉണ്ടായാൽ ജീരകം പൊടിച്ചിട്ട് കൊടുത്തു കാരണം മർമ്മത്തിന് പിഴവ് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു കോസ്ഥിയിൽ വരുന്ന ഈ സാധനങ്ങൾ ഈ ആഘാതങ്ങൾ പിന്നീട് അസ്ഥിയിൽ ഗ്രന്ഥികളുണ്ടാകും ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നവും ഒടിയൽ ചതയൽ മുതലായോ വരുമ്പോൾ ആധുനിക രീതിയിലുള്ള സന്താനങ്ങൾ ചെയ്തു കഴിഞ്ഞ ഭാവിയിൽ പോസ്റ്റിയോ സർക്കോമയിലേക്ക് ഇത് വഴിമാറുന്നതാണ് പലപ്പോഴും ഇത് വഴിമാറുന്നത് ഒരു തലമുറയ്ക്ക് അസ്ഥിയിലുണ്ടായ ആഘാതം അസ്ഥിധാതുവാണ് പരിണമിച്ച് മജാതാതുവും ശുക്രധാതുവുമായി തീരുന്നത് അസ്ഥിയിലെ പരിണാമം അടുത്ത തലമുറയിൽ കുഞ്ഞിലേക്ക് വരുമ്പോൾ അത് ഓസ്റ്റിയോ സെർക്കോമയിലേക്ക് മാറുന്നത് വളരെ കൂടുതലായിരുന്നു ഓസ്റ്റിയോ സെർക്കോമ മുപ്പത് നാൽപ്പത് കൊല്ലത്തിനുമ്പോൾ ഇന്ത്യയിൽ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇന്ന് ധാരാളമായി കാണുന്നത് അസ്ഥിസന്ധാന ക്രിയകളിൽ ആധുനിക വൈദ്യശാസ്ത്രം താൽക്കാലികമായ പര്യവേഷണങ്ങൾ നടത്തി നിങ്ങളെ നടത്തി ഇറക്കി വിടുമ്പോൾ സന്തുഷ്ടരായി പോകുന്ന നിങ്ങളുടെ ജനിതക സീമയിലേക്ക് ഔഷധങ്ങളും പരിണാമങ്ങളും എത്രത്തോളം വരുന്നുവെന്ന് അന്വേഷിക്കുവാൻ വൈദ്യശാസ്ത്രം ഇനിയും മാത്രമാണ് വണ്ടി ഓടിക്കുന്നവന് മുട്ടുമ്പോഴും ചാടുമ്പോഴും അടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന പേരിൽ നൂറ്റമ്പത് കിലോമീറ്ററിൽ ഓടുമ്പോഴും ഇന്ത്യൻ റോഡിലൂടെ ഓടുമ്പോഴും ഏത് ഇതിന്റെ പൊക്കത്തിൽ നിന്ന് എടുത്ത് ചാടുമ്പോഴും ഇതൊക്കെ അത്ഭുതം കാണിക്കൽ ആണെന്ന് ചരിച്ച് ചാടുന്നവർ മർമ്മങ്ങളിലേക്കുന്ന പിഴവുകളും അസ്ഥിയിലേക്കുന്ന പിഴവുകളും അവൻ്റെ അടുത്ത തലമുറയ്ക്ക് വരദാനമായി നേടിക്കൊടുക്കുന്ന രോഗങ്ങൾക്ക് കാരണമായി തീരുന്നുണ്ടോ എന്ന് ഇനിയും ചിന്തിക്കുവാൻ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് കഴിഞ്ഞിട്ടില്ല ആരുടെയെങ്കിലും ഓസ്റ്റിയോ സർക്കോമോ കാണുമ്പോൾ ചിന്തിച്ച് നോക്കിയത് മനസ്സിലാവും അസ്ഥിമൊഴുത്തും വീർത്ത് തേങ്ങയോടമൊക്കെ വലിപ്പത്തിൽ തോളല്ലോ കൈമുട്ടോ കാൽമുട്ടോ വാരികളോ ഒക്കെ കൂടി കണ്ടിട്ടുണ്ടാവും ഒരാളെയെങ്കിലും ഇല്ല ഇത് കുറഞ്ഞപക്ഷം ഇരിക്കുന്നിടത്തെ ഒടിയുകയും പൊട്ടുകയും ചെയ്യുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ടാവും മനസിലായില്ല ഗർഭസ്ഥാവസ്ഥയിൽ അമ്മ കഴിക്കുന്ന മരുന്നുകളുടെ ആന്തോളനമാണ് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല ഞാൻ പറയുന്നൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ പഠിക്കേണ്ട സാധനമല്ല എനിക്ക് പിള്ളേരൊന്നുമില്ല ഞങ്ങളൊക്കെ അന്തക വിത്തുകളിൽ പെട്ടതാണ് ഇനി ഒന്നും ഇനി മുളകിയൊന്നുമില്ല ഞങ്ങളിവിടെ നിന്ന് സുന്ദരമായിട്ടെന്ന് പോവും പക്ഷി പിറക്കുന്ന പോലെ നിങ്ങളിവിടെ അവശേഷിച്ചിട്ട് പോയതെല്ലാം ആരോഗ്യമുള്ളതായിരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മോക്ഷം കിട്ടുക നിങ്ങൾക്ക് പഠിക്കേണ്ടത് നിർത്തനാണ് അവനതിന് ചുമതലയില്ലെങ്കിൽ ഇവിടെ ഒന്ന് അടിച്ചു കളിച്ച് ജീവിച്ച് കുറെ തിന്നു കുടിച്ചു ണചേർന്നു അവസാനം നിലവിളിച്ച് മരിച്ചു ആനന്ദത്തോടെ ഈ മണ്ണിനോട് വിട പറയണമെങ്കിൽ ഈ മണ്ണിന്റെ അന്തസ്ത ചൈതന്യത്തെക്കാളേറെ നിങ്ങളുടെ അന്തസ്ത ചൈതന്യത്തിന്റെ ഭാവ പ്രത്യയങ്ങൾ പഠിക്കണം അറിയണം അതിന് കൊള്ളില്ലെങ്കിൽ പണിക്കുന്നു പറഞ്ഞരുത് പാലും തരകരുത് മാറിയില്ലെങ്കിൽ ഞാനും സ്വാമിയുടെ കൂടെ ആണെന്ന് അർത്ഥം എത്തിന് ശേഷിപ്പോ ശേഷിപ്പിച്ചിട്ട് പോകുമ്പോ ആലോചിക്കണം പ്രകൃതി നിങ്ങളല്ല അതുകൊണ്ട് കഫഗ്രന്ഥികൾ സ്പർശത്തിൽ കഠിനവും തണുത്തതും വേദനയില്ലാത്തതും ചൊറിച്ചിലോട് കൂടിയതും ക്രമേണ വലുതാവുന്നതുമായിരിക്കും സരക്ത സന്നിപാത ഗ്രന്ഥികളിൽ പിത്തഗ്രന്ഥികളുടെ ലക്ഷണങ്ങൾ അധികവും ഉണ്ടായിരിക്കും മാംസഗ്രന്ഥികൾ കഫഗ്രന്ഥികൾക്ക് തുല്യവുമായിരിക്കും ആയത് സ്ഥിരകളാൽ ആവൃതവുമായിരിക്കും അസ്ഥികൾക്കുണ്ടായിരുന്ന ോ കാരണമായി ഉണ്ടാകുന്ന വേദനയോടുകൂടിയ ഗ്രന്ഥിരൂപത്തിലുള്ള വീക്കത്തെ അസ്ഥിഗ്രന്ഥി എന്ന് പറയുന്നു ഇതൊക്കെ എത്രയോ പ്രാചീനമായി കണ്ടെത്തിയതാണ് രൂപത്തിലുള്ള വീക്കത്തെ ആണ് അസ്ഥിഗ്രന്ഥി എന്ന് പറയുന്നതെങ്കിൽ വ്രണങ്ങൾ പൂർണമായി ഉണങ്ങുന്നതിന് മുമ്പ് ഒരു വ്രണം ഉണങ്ങുന്നതിന് മുമ്പ് ഉണങ്ങിയ ഉടനെയോ അതുകൊണ്ടാണ് പഴയ അമ്മമാർ പറയും വ്രണത്തിന് ചുറ്റും ചൊറിച്ചിൽ വരുമ്പോ പറയും ണങ്ങാനാ വരണ്ടില്ല അത് നോക്കിട്ട് പറയും ഉണങ്ങാനാ ചൊറിയും നല്ല ചുറ്റും പഴുക്കാനാടാ ചൊറിയുമ്പോ ഉണങ്ങാനാന്ന് പറഞ്ഞു ചൊറിയുമ്പോ പഴുക്കാനാണെന്ന് പറഞ്ഞു ഒരേ ലക്ഷണമാണ് പഴുത്ത് പഴുപ്പ് പോയി ഉണങ്ങാനാകുമ്പോ ചൊറിയും പഴുപ്പ് തുടങ്ങുമ്പോ ചൊറിയും അപ്പൊ നോക്കിയിട്ട് പഴയ അമ്മമാര് പറയും ആ ഉണങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ഉണങ്ങുന്നതിന് മുമ്പ് രണ്ട് സമയങ്ങളിൽ അതെന്ന് തോന്നിട്ട് രണ്ട് സമയങ്ങളിൽ ആഹാരം പഥ്യമായിരിക്കണം കാരണം വൈറസുകളും അവിവകളും ബാക്ടീരിയകളുമെല്ലാം ഇതിൽ വന്നു കൂടാൻ തുടങ്ങുന്ന സമയത്ത് ആഹാരം പഥ്യമല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാവും കാരണം അവയുടെ ഒരു ആവാസ വ്യവസ്ഥ മരുന്നുകൾ കൊണ്ട് കാര്യമില്ല ഇന്നൊരു പ്രണവ് ഉണങ്ങുകയില്ല വ്രണം പഴുത്തു തുടങ്ങിയാൽ കണ്ടിച്ച് കളഞ്ഞിട്ടാണ് ഇന്ന് ഉണക്കുന്നത് വ്രണമില്ലാത്ത ഭാഗമാണ് ഉണക്കുന്നത് കാരണം ആദ്യകാലത്ത് കണ്ടെത്തിയിരുന്ന ആൻറ്റി വൈറൽ ആക്ടിവിറ്റിയുള്ള എല്ലാ ഔഷധങ്ങളെയും ആധുനിക വൈറസുകൾ അവരുടെ അമിനോ അമ്ലങ്ങളിൽ അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു അമേരിക്ക തന്നെ ഇന്ന് ബിഗ് ബഗിന്റെ പിടിയിലാണ് ബിഗ് ബഗ് എന്നാ പറയുക വൈറസിനെ നിയന്ത്രിക്കാൻ മരുന്നില്ല വൈദ്യശാസ്ത്രത്തിൽ ഇന്ന് ഒരു ചെറിയ വൈറൽ പനി വന്നാൽ പോലും ശ്രമിക്കില്ല തന്നെ പോണം മരുന്നുകൾ അപകടകാരികളാക്കുകയും ചെയ്യും ആന്റി വൈറൽ ആക്ടിവിറ്റി തേടിയുള്ള ഗവേഷണത്തിൽ ലോകത്തിൽ അഞ്ച് കമ്പനികളെ ഉള്ളു ലോകമെമ്പാടും അത്ഭുതം സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളിൽ ഒരിടത്ത് പോലും ഒരെണ്ണം പോലും ഇല്ല ഇതൊക്കെ നോട്ട് ചെയ്തിട്ട് അന്വേഷിക്കാം കള്ളമാണെന്ന് തോന്നിയാൽ അടുത്തോളം ചുരുമായി പോരാ നിങ്ങളൊക്കെ പഠിക്കുന്നവരാണ് പഠിച്ചു കഴിഞ്ഞവരാണ് അപ്പൊ ആ നിലയിൽ അപ്പൊ വ്രണമുണങ്ങുന്നതിന് മുമ്പോ അതുകൊണ്ട് അമ്മമാർ പറയും മോനെ പദ്യമായിട്ടിരിക്കണം പദ്യമായിട്ടിരുന്നാൽ മൂത്രമതി വ്രണമുണങ്ങാൻ എഴുതിട്ടില്ല എഴുതിട്ടില്ല പദ്യമായിട്ടിരുന്നാൽ തെങ്ങിൻ്റെ മൊരിമതി വ്രണമുണങ്ങാൻ ഒരു തവളയുടെ പുറത്തെ സ്രവം തവളയെ വെച്ച് കെട്ടിയാൽ മതി വ്രണമുണങ്ങാൻ ആ ഉണങ്ങുന്നതിന് മുമ്പോ ഉണക്കു വരുമ്പോഴോ ഏതെങ്കിലും കാരണവശാൽ അവധ്യ ആഹാരങ്ങൾ ശീലിക്കുകയോ ക്ഷതങ്ങൾ ഏൽക്കുകയോ വാദവും രക്തവും ദൂഷിച്ച് വ്രണാസ്തമായി കൊവിച്ച് വ്രണഗ്രന്ഥിക്ക് കാരണമാകുന്നു അത് കൂടുതലും പല്ലുവേദന വരുമ്പോഴാണ് അത് മോണയിലെ വ്രണം കൊണ്ടാണ് പലപ്പോഴും പല്ലുവേദന ഉണ്ടാകുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ വീട്ടിൽ പലതരം ആഹാരം ഉണ്ടാവും കഴിക്കും മനസ്സിലായില്ല നാനാവിന്റിസ്റ്റിന്റെ അടിക്കും അപ്പൊ എളുത്തുകാണുന്നുണ്ടിട്ട് വന്നിട്ട് വന്നിന്ന് പറയും മോണതടിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞിടിക്കില്ല കണ്ടിട്ട് ആവും ആ ഗ്രന്ഥികൾക്ക് കാരണം ഇതാണ് വ്രണങ്ങൾ വ്രണം പഴുക്കാനോ വ്രണത്തിൽ നിന്ന് ഗ്രന്ഥി ഉണ്ടാകാനോ കാരണമാകുന്ന തണുത്ത ആഹാരം കുടിശ്ശേ ആഹാരം വളിച്ച ആഹാരം പ്രേതും കഴിക്കരുത് മനസ്സിലായി അധികം ചൂടുള്ളവ കഴിക്കരുത് അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ വർജിക്കണം ആ സമയത്ത് അതൊക്കെ കഴിച്ചാൽ പഴകിയതും അതിൽ രൂക്ഷവും ഒക്കെ എരിവൊക്കെയുള്ളത് കഴിക്കരുത് ഇല സ്ത്രീകളെല്ലാം കഴിച്ചാൽ കൂടും നല്ല സാമ്പാർ നല്ല സാമ്പാർ കൂടി നോക്കിയിട്ട് അങ്ങനെ കലക്കി അഴിച്ചുകൊണ്ടാൽ പിറ്റേ രാവിലെ വേലിക്കോസിലുള്ളവൻ നടന്നു പോകുമ്പോൾ അതിന് രക്തമെടുക്കും ചീറ്റുകയില്ല നല്ല കോഴിമുട്ട നല്ല കോഴിമാംസം അടിച്ചാൽ സ്ഥിരാഗ്രന്തി പൊട്ടും പൈൽസ് പൊട്ടും വൈകുന്നേരം ഒരു കോഴിമുട്ട എഴുതി പൈൽസുള്ളവൻ പോയാവും പൂക്കുറ്റി നിരക്കുന്നവരെക്കും മനസിലായില്ല ഒന്നും അറിയില്ല ഏ നല്ല പൈൽസോ വേലിക്കോസിലോ ഉള്ളവൻ ഒരു പെക്കടിച്ചേറ്റ് നടക്കുമ്പോൾ വേലിക്കോസിലോ പൊട്ടും ഒരു പെക്കടിച്ചേറ്റ് യൂറോപ്യൻ ക്ലോസറ്റിലേക്ക് പോയി അങ്ങി ഇരിക്കുമ്പോൾ ഇത് ടക്കൂട്ട് പൊട്ടും പെട്ടിട്ട പൊട്ടുന്ന പോലെ നോക്കുമ്പോൾ യൂറോപ്യൻ ക്ലോസറ്റ് നിറച്ച് ബ്ലഡ് ഉണ്ടാവും മനസ്സിലായില്ല മനസ്സിലായില്ല നല്ല വയൽസുള്ളവന് ശരിക്ക് ക്ഷീണം വരാനും കപ്പൂസിൽ നിന്ന് എടുത്തുകൊണ്ട് വരാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു പെക്ക് വാങ്ങിച്ചു കൊടുത്താൽ മതി ഒന്നും മനസ്സിലായിട്ടില്ല ഞാൻ കറിയായിട്ട് വരുന്നതല്ല അത് വളരെ എളുപ്പമാണ് നല്ല കോഴി മാംസം കൊടുത്താലും മതി അത് രൂക്ഷങ്ങളും വിദാഹികളും ഉഷ്ണങ്ങളുമായ ആഹാരമാണ് അവർ കിട്ടുന്നാലുണ്ടാവും മുളക് ഉറപ്പാണ് കുജുരാഗ്രന്തിയിൽ ലേരിക്കോസിൽ വ്രണത്തിൽ ഒക്കെ എരിവ് എരിവ് മനസ്സിലായില്ല സം ലവണരസം ഉഷ്ണം ഇതൊക്കെ ചെന്നാലല്ലേ അതാണ് ദുഷിച്ച് വ്രണാശ്രിതമായി കോവിച്ച് ഭ്രണഗ്രന്ഥിക്ക് കാരണമായി തീരും പുകച്ചിൽ വേദന എന്നിവ ഭ്രണഗ്രന്ഥിയുടെ പ്രധാന ലക്ഷണങ്ങളാണ് വ്യായാമ തൈരപല്യതർഹി സ്ഥിരാപ്രധാനം ൃത്തം ഗ്രന്ംഗിയായിരുന്നു പറയും അതിവ്യായാമം വ്യായാമം നല്ലതാണ് ആധുനിക കാലം തൊഴിൽ വ്യായാമമായി ചെയ്യുന്നതിന് പകരം വ്യായാമം തൊഴിലായി ചെയ്യുന്ന കാലമാണ് അവനവൻ്റെ വീട്ടിൽ ഒരു പിന്നാണം കഴിയുക ഒരു തൂമ്പം എടുത്ത് കിളക്കിയല്ല അതൊക്കെ ചെയ്താൽ മാനസിക ഉല്ലാസത്തോടൊപ്പം വ്യായാമം കിട്ടത്തു രാവിലെ ഒരു ചക്രം തിരിക്കുകയോ രാവിലെ മിച്ചമടിച്ചു വരുവോ മനസ്സിലായില്ല മിച്ചമടിക്കാൻ വേലക്കാരിയാക്കിയിട്ട് ഭാര്യയും ഭർത്താവും കൂടെ അമ്പലം വഴി നിർബൂണിത്തറവൻ നടക്കുക മറ്റുള്ള അവിടെ നിന്ന് പ്യാജിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓണ വഴി പോണേ എന്നിട്ട് ആഴ്ചയിൽ ആഴ്ച ചെക്കപ്പാണ് ചെക്കപ്പ് കഴിയും അങ്ങനെ അല്ല മന മാനസിക ഉല്ലാസത്തോടൊപ്പം ചെയ്യേണ്ടതായി പണി പ്രായമായ അച്ഛനമ്മമാരുണ്ടൊക്കെ കാല് തിരുമ്മുമ്പോ കൈക്കൊരു വ്യായാമം കിട്ടും മനസിലായില്ല അതിന് പകരം ഇങ്ങനൊന്നും കിറക്കണ്ട അന്തടേയും തല്ലടേയും കാലു പോയി തിരുമിയാ മതി അതിന് മാനസിക ഉല്ലാസം കിട്ടും അനുഗ്രഹം കിട്ടും അദൃഷ്ട ഉണ്ടാവും ദൃഷ്ടം ഉണ്ടാവും അതിന് വേറെ കാശിക്ക് പോകണ്ട നിങ്ങൾ അവസാനം എന്നെ തല്ലിക്കൊല്ലുമെന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് വളരെ അറിവില്ലേണ ദാഹികളായ ആഹാരങ്ങൾ ദഹിപ്പിക്കുന്ന ആഹാരങ്ങൾ വിശേഷേണ കോശങ്ങളെ ദഹിപ്പിക്കുന്ന ആഹാരങ്ങൾ വിശേഷവിദ്യയായി ദഹിപ്പിക്കുന്നതുകൊണ്ട് വിദേ വിദാഹികൾ ഇങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുക അതിവ്യായാമം ചെയ്യുക കാശുള്ളതിൻ്റെ ഉംഗാണ് നാല് ട്രെഡ്മും മകനൊരെണ്ണം തന്നെ മകളൊരെണ്ണത്തിൽ തള്ളയൊരെണ്ണത്തിൽ രാവിലെ കേറുകയാണ് അപ്പോഴ് വേറൊരു വേലക്കാരനെ അരിയരക്കാൻ മറ്റൊരുത്തൻ മുളകരയ്ക്കാൻ വേറൊരുത്തൻ ദോശ ഇടാൻ മനസ്സിലായില്ല എന്നിട്ട് ഇവനൊക്കൂടി അധ്വാനിച്ചത് ഇവൻ രാഗിയും തുട്ടിയും തൂറിയും ഉണ്ടാക്കി വെക്കുന്നോക്കെ പോയി മൂക്കറ്റ അടിച്ച് ഇവൻ അമ്പത് പൈസ ശമ്പളവും കൊടുക്കുക ഒരു ദോശയ്ക്ക് അമ്പത് പൈസ കണക്കിന് മനസ്സിലായില്ല ഇത് ലക്ഷം രൂപയുടെ ശമ്പളം കിട്ടിയതിന്റെ കുങ്ങുകണിക്കാൻ എക്സർസൈസ് എങ്ങനെ നിങ്ങൾ രക്ഷപ്പെടും കുടേതമ്പ് സമ്മതിക്കോ മുറോഗ്യ കൊടുത്തിട്ടതാണ് ശക്തമായിട്ടത് അതുകൊണ്ട് അതിവ്യായാമം അത്യധ്വാനം വർക്ക് ഹോളി മിതമല്ലാത്ത അധ്വാനം അതും പ്രത്യേകിച്ച് അധികമേരം നിന്ന് ജോലി ചെയ്യുക നിന്ന് ജോലി പണിയെടുക്കുക ശരീരപുഷ്ടികരമല്ലാത്തതും വിരുദ്ധവുമായ ആഹാരങ്ങൾ ശരീരത്തിൻ്റെ പുഷ്ടിക്കു പറ്റാത്ത ആഹാരങ്ങൾ അതുപോലെ വിരുദ്ധാഹാരങ്ങൾ മത്സ്യം പാല് ചക്കപ്പഴം പാല് മുതിര പാൽ ക്ഷീരം കുലഥം പനസേന മത്സ്യ അങ്ങനെ വരുന്നവർക്ക് വിരുദ്ധാഹാരങ്ങളാണ് അവ ഓട്ടോഇമ്മ്യൂൺ തകരാറുകൾക്ക് വരെ കാരണമാവും അങ്ങനെ വരുന്ന ആഹാരങ്ങൾ ഈ കാരണങ്ങളാൽ വാദം വർദ്ധിച്ചിരിക്കെ അധികം എരിവും പുളിയും ഉപ്പും കലർന്ന ആഹാരങ്ങളും ഉണങ്ങിയ മത്സ്യങ്ങളും മാംസങ്ങളും ഉണങ്ങിയ മാംസങ്ങളും ശീലിക്കുക മദ്യം മുതിര കടല തുവര തുടങ്ങിയവ ശീലിക്കുക അതുപോലെ ഉടനെ തന്നെ വ്യായാമം കഴിഞ്ഞ് ഉടനെ വേർത്ത് നിൽക്കുമ്പോൾ പച്ചവെള്ളത്തിൽ കുളിക്കുക തണുത്ത വെള്ളത്തിൽ കുളിക്കുക അജീർണം ക്രോധാദി മനോവികാരങ്ങൾ പുകവരി അതുപോലെ രാത്രിയിൽ ഉറക്കമിളയ്ക്കുക തുടങ്ങിയ കാരണങ്ങളാൽ രക്തം ദുഷിച്ച് വായു സ്ഥിരകളിൽ വായു കോവിച്ച് ശൂലം സ്ഥിരാ കുഞ്ചന പൂരണം കുഞ്ചന അത് കൂമ്പുക സ്ഥിരയുടെ പൂരണം അത് വികസിക്കുക അതുപോലെ തന്നെ വാദത്തെ ആവരണം ചെയ്ത് ദോഷദൂഷ്യ സമ്മൂർച്ഛനം ഉണ്ടാവുക പ്രത്യേകിച്ച് അതക്കായ സ്ഥിരകളെ ആശ്രയിച്ച് ശരീരത്തിന്റെ അധോ ഭാഗങ്ങളിൽ മുതലായ ഭാഗങ്ങളിൽ ആശ്രയിച്ചുണ്ടാവുക അവയെ ശോഷിപ്പിച്ചും ശിഥിലമാക്കിയും സ്ഥിരാഗ്രന്ഥിക്ക് കാരണമായി ഇതിനെയാണ് സ്ഥിരാഗ്രന്ഥി അല്ലെങ്കിൽ വേലിക്കോസൽ എന്ന് പറയുന്നത് പഠിച്ചിരിക്കുന്ന ഇപ്പൊ കണ്ടുപിടിച്ചാൽ ഇതൊന്നും ആയുർവേദം കണ്ടിട്ടില്ല വേലിക്കോസിൽ ഇപ്പം കണ്ടുപിടിച്ചതാണ് ഇതിന് മരുന്ന് പോലും ആധുനികരുടയിലില്ല മര്യാദയ്ക്ക് ഭക്തിത്തോടുകൂടി ആഹാരം നോക്കി മര്യാദാപൂർവം അർച്ചസിൻ്റെ മരുന്നുകൾ കഴിച്ചാൽ സ്ഥിരാഗ്രഹത്തിൽ പോകും വേറെ മരുന്നൊന്നും വേണ്ട ഏത് വേലിക്കോസിലും പോവും വെറും നിലമ്പരൻ്റെ അരച്ച് പാലിലോ പൂവാൻകുറുന്നിലെ അരച്ച് പാലിലോ പെരിങ്ങലത്തിൻ്റെ വേരച്ച് പാലിലോ അപ്പോൾ കഴിച്ചാൽ ഒരമുസ് പാളയംകോടം വാഴയുടെ പഴത്തിൻ്റെ ചാറും അര ഔൺസും വാളമ്പുളിയുടെ ചാറും കാലവും സൂപ്പും ചേർത്ത് ഒരു ഡോസ് കഴിച്ചാലോ ഒക്കെ ഇത് അതുകൊണ്ട് വളരെ എളുപ്പമുള്ള സാധനങ്ങളാണ് ഇതും മരിക്കണൻ്റെ ആകാവുന്നതാണ് സ്ഥിരാഗ്രഞ്ജികളും എവിടെയും പാളയംകോടൻ മനുഷ്യർക്ക് പോകും അതിൻ്റെ പഴത്തിൻ്റെ ജ്യൂസ് ഒരൗൺസ് അതിൻ്റെ പഴമാണ് അടിക്കുക മിക്സിയിൽ അരച്ചെടുക്കാൻ കൈകൊണ്ട് ഇടിച്ചെടുക്കുക വിതുക്കിയെടുക്കുക തുടിക്കാത്ത പിഴിഞ്ഞാ മതി ഉപ്പ് ചേർത്ത് പിഴിഞ്ഞാൽ അതിന്റെ വെള്ളം തന്നെ കിട്ടും വെള്ളം ചേർക്കണ്ട എതിന് ഒന്ന് കാപ്പിലേപരന്മാരിൽ അഭിഷ്യന്തിയും ഗുരുസനിഗ്ധീതപ്രധാനങ്ങളായ ആഹാരങ്ങൾ വേഗരോധം അതായത് തുമ്മൽ നിരോധിക്കുക എക്കിട്ടയെ നിരോധിക്കുക അതുപോലെ തന്നെ മലത്തെ നിരോ നിരോധിക്കുക മലം വേണ്ട സമയത്ത് വിസർജിക്കാതിരിക്കുക മൂത്രം നിരോധിക്കുക ഇതൊക്കെ ഇപ്പോഴുള്ള ആധുനികരുടയിലുള്ളതാണ് തൊഴിൽ കാരണം പലപ്പോഴും സ്ത്രീകൾ ജോലിക്ക് പോയാൽ വീട്ടിൽ നിന്നിറങ്ങിയാൽ ജോലിസ്ഥലത്ത് ലാറ്റിനൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് വീട്ടിൽ വന്നിട്ടായിരിക്കും മൂത്രമൊഴിക്കുന്നതും കക്കുത്തി പോകുന്നതും അത്രയും നേരം ഇവയൊക്കെ പിടിച്ചു നിർത്തും അത് വേഗരോധമാണ് മൊറാലിറ്റിയുടെ ഭാഗമാണ് തുമ്മലിനെ നിരോധിക്കാൻ ശരിയല്ല മേശരടിക്കരുന്ന് തുമ്മരുത് നോക്കും സൂക്ഷിച്ച ആളുകൾ ശരിയല്ല തുമ്മൽ നിയന്ത്രിക്കരുത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവനോട് ഏറ്റുവാൻ പറയുക ഇനി നമ്മളൊന്നും തുമ്മിയാൽ അവൻ്റെ മൂക്ക് ധരിക്കുമെങ്കിൽ ധരിക്കട്ടെന്ന് നോക്കുക അപ്പൊ തുമ്മലൊക്കെ ആരോഗ്യത്തിൽ പ്രധാനമാണ് തുമ്മൽ അതുപോലെ തന്നെ ഞെക്കിട്ട അതുപോലെ തന്നെ മലമൂത്രം ശുക്ലം തുടങ്ങിയ വേഗങ്ങൾ അതേപോലെ തന്നെ അധോവായു കീശ്വാസം അതൊക്കെ ഞെക്കി പിടിക്കും മനസ്സിലായില്ല അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഇരിക്കണം നിങ്ങളാകുമ്പോൾ ഇത് ആകെപ്പാടെ ഞെക്കി പിടിച്ച് അപകടമാക്കി അവസാന മുഖമൊക്കെ വികൃതമായി സിരകളെയൊക്കെ ആകെ ബാധിച്ച് വലിയ അപകടമായിട്ടാണ് നിങ്ങളിതൊന്നും പുറത്തേക്ക് തള്ളുക മറ്റും അയൊന്നുമില്ല കുംഭും പരിമളം നാസ്തി പ്രമാണത്തിനുവിടും അപ്പോ ഇങ്ങനുള്ള വേഗങ്ങളെ നിരോധിക്കുന്നത് കൊണ്ടും യഥാകാലം ശോധനക്രിയകൾ ചെയ്യാതിരിക്കുക കൊണ്ടും രക്തദു സ്ഥിരാഗ്രന്ഥികൾക്ക് കൂടുതൽ ഇടയാക്കും സ്ഥിരാഗ്രന്ഥി അധികവും കണ്ടുവരുന്നത് സ്ത്രീകളിലാണ് പുരുഷന്മാരിൽ കുറവാണ് ആർത്തവ വൈഷമ്യം സ്ഥിരാഗ്രന്ഥിയിൽ വളരെ പ്രധാനമാണ് കാരണം ഗുന്മം രക്തഗുന്മ അതുകൊണ്ട് ആർത്തവ വൈഷമ്യം നിമിത്തവും ഗർഭകാലത്തുള്ള രക്തസഞ്ചയം മറ്റവധ്യങ്ങൾ എന്നിവയിൽ സ്ഥിരാഗ്രന്ഥി ഉണ്ടാക്കാൻ ഇടയാക്കുന്നു അത് യോനിയിലും മറ്റും സ്ഥിരാഗ്രന്ഥി ഉണ്ടായി പൊട്ടിയ യൂറിനും മറ്റും വീഴുന്നതുകൊണ്ട് ഉണങ്ങി കിട്ടാൻ വലിയ പാടായിത്തീരുകയും ചെയ്യും വളരെ ശ്രദ്ധിച്ച് ജീവിക്കാൻ പഴയ കാലത്ത് അമ്മമാർ പ്രേരണ ചെലുത്തുകയും ചെയ്തിരുന്നു വേദനയോടുകൂടിയ സ്ഥിരാഗ്രന്ഥി ദീർഘകാലത്തെ ഔഷധ സേവ അതുപോലെ തന്നെ പദ്യാനുഷ്ഠാനം ഒക്കെ കൊണ്ട് ചികിത്സിച്ച് ഭേദമാക്കാം അല്ലെങ്കിൽ പാടാണ് വേദനയോട് കൂടാത്തത് അല്പം ക്ലിഷ്ടമാണ് വേദന ഉള്ളതാണ് നല്ലത് ഗ്രന്ഥീസ്വാമേശു കുർവീതോധ പ്രവർത്തി പ്രതിക്രിയ പക്വ അനപാ അപക്വ സംശുദ്ധ രോ ദോഷ ഭേഷജം എന്ന് ചക്രതത്വം പറയും ചക്രവാണിയുടെ ഗ്രന്ഥികളിൽ വ്രണശോഭത്തിന് പറഞ്ഞ സമാനമായ ആമാവസ്ഥയിൽ ദോഷകോപത്തിന് അനുസൃതമായി അപാന സ്ഥലങ്ങളെ നോക്കി അപതർപ്പണാദി ചികിത്സ ചെയ്യാവുന്നതാണ് അപതർപ്പണം ചെയ്താൽ ഇത് മാറും ഗ്രന്ഥി ീറി ശുദ്ധി വരുത്തിയ ശേഷം വ്രണചികിത്സ ചെയ്യാം ശസ്ത്രക്രിയയും രക്ത അതി ധാതുക്കളെ ആശ്രയിച്ചുള്ള ദോഷദൃഷ്ടി ഗ്രന്ഥിക്ക് കാരണമാകുന്നതിനാൽ ശോധന പ്രധാനമായ ഉപക്രമങ്ങളാണ് ഗ്രന്ഥി ചികിത്സയിലെ പ്രധാന പ്രതിക്രിയ അമൃത മുപ്പത് ഗ്രാം ഏതാണ്ടൊരു ആറ് കഴഞ്ച് കടിക്കാത്തോട് ഇരുപത് ഗ്രാം ചുക്ക് പത്ത് ഗ്രാം തഴുതാമ വേര ഗ്രാം എന്നിവ പന്ത്രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ വന്ന് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം മൂന്നു നേരം ഗുൽഗുലി തിത്തകം ആവണക്കെണ്ണ ചേർത്ത് കൊടുത്ത് ശോധന വരുത്തിയാൽ പോകും എഴുതുകാണോ എഴുതുകാണോ ആണെങ്കിൽ കേട്ടെഴുതുമ്പം ശ്രദ്ധിച്ചെഴുതണം അല്ലെ മരുന്ന് മാറിപ്പോവും അതുകൊണ്ട് ശ്രദ്ധിച്ചെഴുതണം അമൃത് മുപ്പത് ഗ്രാം കടിക്കത്തോട് ഇരുപത് ഗ്രാം ചുക്ക് പത്ത് ഗ്രാം തഴുതാമ വേര് അറുപത് ഗ്രാം ഇപ്പം നൂറ്റി ഇരട്ടി കഷായം എന്ന് പറയും അറുപത് ഗ്രാമാണ് ഒരു കഷായത്തിൻ്റെ യോഗം തളരെ കുറച്ചുനാളെ വീണ്ടും കൃത്യമായ മദ്യത്തോടെയാണെങ്കിൽ കഷായം ആറ് നൂറ്ററുപത്തൊന്ന് നേരം കാ ഒന്ന് ഷാ ഒന്ന് ആറ് ഒന്ന് യാ ഒന്ന് മറിച്ച് ഇരുമ്പോൾ നൂറ്റി നേരം കഴിക്കാനുള്ളതാണ് കഷായം അത് വെച്ച് കഴിച്ച് നൂറ്റി അറുപത്തൊന്ന് നേരം കഴിച്ചാൽ എത്ര ഒമ്പനായ രോഗവും കഷായം കൊണ്ട് മാറും ഒന്നും ചേർത്തതല്ലെങ്കിൽ പ്രിസർവേറ്റീവൊക്കെ ചേർത്തതാണെങ്കിൽ വേറൊരു രോഗമൊക്കെ ഉണ്ടാവും മനസ്സിലായിട്ട് അതിനൊക്കെ വീട്ടിൽ വെച്ച് കഴിക്കണം അതിന് പഴയ കഷായ ചിലവൊക്കെ കപ്പിയെടുത്ത് കഴുകി വെക്കണം അല്ല മറ്റേ ആ പ്രക്രിയെന്ന് കുറച്ചുകൂടെ വ്യത്യാസമുണ്ട് നമ്മുടെ ശരീരത്തെ സൂക്ഷിപ്പിച്ചെടുക്കുന്നതാണ് അറുപതും അറുപതും നൂറ്റി ഇരുപത് ഗ്രാം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളം ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞരിച്ച് അര ഗ്ലാസ് വീതം മൂന്നു നേരം മേമ്പൊടി മുൻകുലു നിക്തകം ആവണക്കെണ്ണ അത് കൊടുത്ത് ശോധന ഉണ്ടാക്കിയാൽ പെട്ടെന്ന് മാറും പടവലം ത്രിബലത്തോട് കടുക്കാതെ നെല്ലിക്കുക വേറെ അടുത്ത യോഗം പടവലം ത്രിബലത്തോട് വേപ്പിൻ തോല് മരമഞ്ഞൾ തോല് ചിറ്റമൃത് തഴുതാമ വേര് ഇവ ഒരു കഴഞ്ച് വീതം അഞ്ച് ഗ്രാം വീതം തൃഗോൽപക്കൊന്ന് ഇരുപത് ഗ്രാം ചേർത്ത് കഷായമാക്കി മുമ്പ് പറഞ്ഞ പോലെ പന്ത്രണ്ട് ഗ്ലാസ് ഉള്ള ഗ്ലാസ് ആക്കി കഷായമാക്കി എന്ന് പറഞ്ഞത് കഴിച്ചാൽ ദാഹം പുകച്ചിൽ ജ്വരം ഇവയോടുകൂടിയ ഗ്രന്ഥികൾ പോകും ഗ്രന്ഥികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഔഷധമാണ് കൊന്നത്തൊലി തണുതാമ ഇതൊക്കെ എല്ലാ മുഴയിലും ഉപയോഗിക്കാം മിക്കവാറും എല്ലാ ക്യാൻസറിനും ഉപയോഗിക്കാം മിക്കവാറും ഉള്ളതൊക്കെ ഇതാ പോവും ഈ രണ്ടുമൂന്നെണ്ണം തിരിച്ചും മറിച്ചുമൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ളവൻ ഇതെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ മാറും പൊട്ടക്കെണ്ണം മാവുള്ള മാവേലെറിഞ്ഞാൽ മാങ്ങാ വീഴുമെന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലുമൊക്കെ മാറും അതുകൊണ്ട് ഗ്രന്ഥികൾ മാറുമെന്ന് പറഞ്ഞാൽ ക്യാൻസറും ഒക്കെ മാറും മരുന്നൊക്കെ നിസ്സാരമാണ് അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാവില്ല ഇത് അതീവ ശ്രദ്ധയോടുകൂടി ഉണ്ടാക്കി കുപ്പിക്കാത്താക്കി പതുവെ കൊണ്ടുപോയി കൊടുക്കുക കാശുവോ പറയുക വേണ്ട എന്താ വേണ്ട തയ്യോന്നെ നിങ്ങൾക്ക് തരാനാവില്ല ദുരുകുപ്പി കഷായത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ എട്ട് ലക്ഷം കൊടുത്ത് ചികിത്സിച്ചിട്ട് വന്നവന് ഏതാണ്ട് ഒരു സ്റ്റാൻഡേർഡ് ആവും പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ ആയുർവേദം അവൻ നര എട്ട് അലോപ്പതി എത്തിയിട്ടുള്ളൂ അപ്പൊ തന്നെ കേൾക്കുമ്പോൾ തന്നെ മാത്രമല്ല ഫ്രീ ആയി തന്നിരിക്കുന്നത് മറ്റേടത്ത് കാജിനാണോ വളരെ എളുപ്പത്തി മാറും ആ ഗ്ലാസ് മുഴുവൻ പന്ത്രണ്ട് ഗ്ലാസ് അത് വറ്റിച്ച് ഒന്നര ഗ്ലാസ് ആക്കി പിഴിഞ്ഞിട്ടാണ് അതൊരു ജനറൽ യോഗമാണ് കൊന്നത്തൊലി തരുതാമ ചുക്ക് തൃകോൽപ്പ കൊന്ന വീട്ടിലു ചുക്ക് തരുതാമവേര് ത്രികോല്പക്കൊന്ന ചിറ്റ നമ്മളത് ദേവതാരം കടുക്രോഹിണിതൊമ്പ പറഞ്ഞ പോലെ കഷായം വെച്ച് കഴിച്ചാൽ ചൊറിച്ചിലോട് കൂടിയ ഗ്രന്ഥികളിൽ ശോധനയാവും അതും ഗുൽകുലുദിക്ത ആവണക്കെണ്ണ എന്നിട്ട് കൊടുത്താൽ മതി സ്ഥലങ്ങളിൽ വരുന്ന പുഴകളും ക്യാൻസറുകളും നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവയ്ക്ക് വജ്രകരസായനം അത്യുത്തമമാണ് വജ്രകരസായനം കണ്ടത്തിൽ വരുന്നവയ്ക്കും അതെ അവധിക്കുമൊക്കെ ആരഗ്വത കുളം അത്യുത്തമമാണ് ശോധന പരുത്തി രക്ഷപ്പെടുത്താൻ ആരോഗ്യ കുളം വജ്രകരസായനം ഈ ആരഗ്വത കുളവും വേണമെന്നില്ല നല്ല കണിക്കുന്നയുടെ പഴങ്ങൾ മുരിങ്ങക്ക പോലെ കിടക്കും കണ്ടിട്ടുണ്ടോന്നറിയില്ല അത് നല്ല പഴുക്കുമ്പോഴെടുത്ത് മണലിൽ കുഴിച്ചിടുക അതിന്റെ പതുക്കെടുത്ത് അതിൻ്റെ തോലുകളകത്തെ മജ്ജ എടുക്കുക ആ മജ്ജ എടുത്ത് നല്ല ശർക്കരയും ചേർത്ത് നല്ല ഭംഗിയായിട്ട് രസായന ഭാഗത്തിൽ വാങ്ങിവെച്ചിട്ട് കഴിക്കുക ഇല്ലെങ്കിൽ മറ്റേ തന്നെ പാൽ കൊടുക്കുക വയറിളകുമ്പോൾ മിക്കവാറും ഗ്രന്ഥിയൊക്കെ പോകും പഴയ അമ്മമാരിയെ അഭ്യാസം ചെയ്തിരുന്നു ഒരു കായോ അതിൽ കളയില്ല രാജവൃക്ഷമെന്നാണ് പറയുക അതുകൊടുത്ത് അതിനീ കായ കിട്ടുകയില്ലാത്ത സമയത്താണ് കായെടുത്ത് വെച്ചിട്ടുമില്ലെങ്കിൽ അതിൻ്റെ തോലി എത്തിക്കൊണ്ടിരും ആ തോല് എന്തിക്കൊണ്ട് വന്ന് വെള്ളം തെളിച്ച് ഇടിച്ച് പിടിക്കാൻ മൊലി അതൊരു പത്തൻ മൽ തോലിൻ്റെ നീര് പാലിലും കൊടുക്കും രാവിലെ കുഞ്ഞറിയില്ല മരുന്നാണെന്നൊന്നും പാൽ കുടിക്കും അകത്തെത്തുന്നതും വയറിളകും രണ്ടു നേരം വയറിളവും മുഴയൊക്കെ പറ്റും ശരീരത്തിൽ എവിടെയുള്ള മഴയായാലും കാരണം ബുധവും മസ്തിഷ്ക തമ്മിൽ അത്രയും ബന്ധമുണ്ട് മസ്തിഷ്ക പര്യങ്കാതര ദേശത്തിനടുത്താണ് ഡെഫിക്കേറ്റിംഗ് സെന്റർ ഇരിക്കുന്നത് അവിടെ വരുന്ന വൈകല്യം കൊണ്ടാണ് ശരീരത്തിൽ മുഴകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് സാമാന്യനെയുള്ള മുഴകളെല്ലാം വയറിളക്കിയാൽ പോകും വലിയ മരുന്നൊന്നും വേണ്ട വേറെ കമ്പൂസ് ചെയ്യുന്ന അതുപോലെ രാവിലെ മുതൽ വൈകുന്നേരം വരെ പോകണം അപ്പോൾ ഉപ്പിട്ട് ക്ഷീണമാകുമ്പോൾ ചില ഉപ്പിട്ട് കഞ്ഞിവെള്ളം കൊടുത്ത് പിന്നെ പതുക്കെ വിലേബി മുതലായ കഞ്ഞികൾ കൊടുക്കുക പച്ചധികം ഇല്ലാത്ത കഞ്ഞി അത് പയ്യെ കൊടുത്ത് ദഹനേന്ദ്രിയ വ്യവസ്ഥയെ നേരെയാക്കി പതുക്കെ അഗ്നി വർദ്ധിപ്പിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നാൽ മഴയൊക്കെ പോവും അത്ര വലിയ കാര്യമൊന്നുമില്ല ഇത് അറിയാവുന്നതും ചെയ്യുമ്പോൾ ഒരാഴ്ച കൊണ്ട് പോവും അവനങ്ങൾ അത്ഭുത സിദ്ധനുമാവും ഇതിന് സിദ്ധിയൊന്നുമില്ല പഴയ വെല്ലുമ്മമാരുടെ കയ്യിലിരുന്ന കാര്യമുണ്ട് ഏ എൻ്റെ ക്യാൻസറ് പോയി എൻ്റെ അപ്പൂപ്പൻ്റെ തലയിൽ ട്യൂമർ പോയി ഇതെ വയറൊക്കെയാ പോവും അത് പഠിക്കണ തള്ളക്കി എനിച്ചിട്ട് പഠിക്കണം അല്ല സ്കൂളിൽ പോയിരുന്നു ഇംഗ്ലീഷ് ചൊല്ലിയാൽ പോരാ ഒരു ദിവസം വയറലക്കിയാ മതി ഇത് പറ്റും ഇതിനല്ലാതെ കുറെ ദിവസമായാലും നല്ലത് ശോധന കുറവായിരിക്കും മിക്കവാറും ട്യൂമർ ഉള്ളവർക്കെല്ലാം ശോധന കുറവുള്ളവർക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ ചെറുതായിട്ടൊക്കെ കാണും അകത്തും പുറത്തും ഒക്കെ അത് നല്ലപോലെ അഴിച്ചു വയറിളക്കുക പണ്ട് കാലത്ത് തള്ളന്മാർക്കൊരു പണിയുണ്ടായിരുന്നു പിള്ളേരുടെ പുറകടക്ക് ഒരു കക്കൂസിൽ പോയെന്നൊക്കെ നോക്കും ഇപ്പം ഈ പ്രോസക്റ്റ് അകത്തുണ്ടായിരിക്കുക അടുത്തു തന്നെ അടച്ചിട്ട് കയറുകയും ചെയ്യുന്നത് മറ്റേത് അറിയാൻ വേണ്ടിയാണ് രണ്ട് കൗങ്ങിൻ്റെ തടിയോ രണ്ട് പലകയോ എടുത്തു വെച്ച് അവിടെ പോയി കഴിഞ്ഞാൽ തള്ള പിന്നെ പോകുമ്പോൾ നോക്കും പോയ പിള്ളേരൊക്കെ എങ്ങനെയുണ്ടെന്ന് മനസ്സിലായില്ല ഇത് ചക്കച്ചുളയൊക്കെ തിന്നിട്ട് ചക്കച്ചുളയായിട്ട് തന്നെയാണോ പോകുന്നത് മനസ്സിലായില്ല അയ്യലൊക്കെ ആ പാലായിലെ മുറ്റത്തിങ്ങനെ അവിടെ എവിടെയൊക്കെ ശങ്കരപ്പനെ പ്രതിഷ്ഠിച്ച് വെക്കുമ്പോൾ തള്ള പതുക്കെ കമ്പോണ്ടൊക്കെ കുത്തിത്തട്ടി നോക്കും ഇതിനകത്ത് ചക്കച്ചുളി അതുപോലെ നടക്കുന്നുണ്ടോ മനസ്സിലായില്ല ഏഹ് അല്ലാതെ ഇന്നത്തെ പോലെ ഇത് കൊണ്ടുപോയി ലാബോറട്ടറിയിൽ കൊണ്ടുപോയി മലം ടേസ്റ്റ് ചെയ്യുമെന്നല്ല അതിനകത്ത് തള്ളയ്ക്ക് നല്ല വിവരം ഉണ്ടാകണം വിദ്യാഭ്യാസം ഉണ്ടാകാൻ പോരാ അഞ്ചായി